श्री विष्णु श्री नृसिंह श्री नारायण श्री ണി ലോഹമയം വിജാ സച്ചമതിക്കാരോ നമ ധ്യേം ലോഹമിത് സത്യം യഥാസ്വമേക നന്ദ യഥ സൗമ്യ ലോഹമണനുണ്ട ംഭണം സമാണ് ദൃഷ്ടാന്തം ഒന്നുകൂടി വിശദമാക്കുന്നതിന് വേണ്ടി അടുത്ത മറ്റു ദഹനം പറയുന്നു യഥാസൗമ്യ അല്ലയോ പുത്ര എ കെ എൻ ലോഹമണിന സുവർണ പിണ്ടേന അവിടെ മൃത്പിണ്ടം എന്ന് പറഞ്ഞു ഇവിടെ സുവർണപിണ്ടം ഒരു സുവർണശകലം സർവമന്യത്വികാര ജാതം അതിനറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന സർവ്വവികാരങ്ങളെയും കടകം മുക്കുട്ടം കെയ്യൂരം സ്വർണ്ണാഭരണങ്ങൾ വിജ്ഞാനം സ്യാദ ഇതെല്ലാം അറിയാൻ പറ്റുന്നു തോൾവള അതെന്താണോ കൂടം കിരീടം എന്താണ് കെയ്യൂരം ധരിക്കുന്ന ആഭരണം ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആഭരണങ്ങൾ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളെല്ലാം ഖണ്ഡത്ത മനസ്സിലാക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെ ഇതെല്ലാം സുവർണമാണോ എന്നാൽ സുവർണം അല്ലാതെ ഇതിൽ രണ്ടാമതും മറ്റൊന്നും ഇല്ല എന്നും പറഞ്ഞ വ്യാഖ്യാനം തന്നെ പാചാരംഭണം ഇത്യാദി സമാനം മറ്റ് വ്യാഖ്യാനിച്ചതുപോലെ മനസ്സിലാക്കണം എന്റെ അടുത്ത് മറ്റൊരു നിഷ്ട് പറയുന്നു യഥാസ്വാമ്യം നകന്ദ കന്ദനേന ഉപക്ഷിതേന കൃഷ്ണായസ പിന്ന ഒരു നഖന്ന് കന്ദനം നഖംപെട്ടി നഖംപെട്ടുന്ന സാധനം അത് എങ്ങനെ കൃഷ്ണായസ പിണ്ടേന കരിമ്പുകൊണ്ടുണ്ടാക്കിയത് ഉരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണ് ഒരു നഗ നിഗ്രന്ധനത്തെ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ സർവം കാഷ്ണായസം ആയിരമ്പ് കൊണ്ടുണ്ടാക്കിയ മറ്റെല്ലാ സാധനങ്ങളും മൺവട്ടി കോടാലി തുടങ്ങിയ സർവ സാധനങ്ങളും വികാരജാതം വിജ്ഞാതം സ്യാദം അയിരമ്പാണെന്നറിയാം സമാനമെന്റ് അതുപോലെ വാചാരംഭണം വികാരവും നാമധേയം സർവവികാരങ്ങളും കേവലം വാക്കിന് ആലംബനമാണ് പറയാൻ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്തുകൊണ്ടെന്ന് പറയുന്നു അനേക ദൃഷ്ടാന്തോപാദാനം ദാഷ്ടാന്തിക അനേക ഭേദാനുഗമാർത്ഥം ദൃഢപ്രതീത്യർത്ഥം ആവർത്തിക്കും പല പല ഉദാഹരണങ്ങളിലൂടെ ഒരേ ഒരു കാര്യത്തിൽ പറയുന്നു അത് വിധത്തിൽ ആവർത്തി എന്ന് പറയുന്നത് സാധാരണ ഇതെന്തിനു വേണ്ടി ഇതിവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ ജഗത്തിന് കാരണമായിരിക്കുന്ന പരമമായ സത്ത് അതെന്ന് വേറെയല്ല ജഗത്ത് ജഗത്ത് അത് തന്നെയാണ് ഇതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇത് പരമാർത്ഥമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുദാഹരണമായ സാധനം പറയും ലജ്ജസത്വം എന്ന് ജസർപ്പം പോലെ ഇത് പരമാർത്ഥമല്ല പരമാർത്ഥം ഇതിനു കാരണമായിരിക്കുന്ന പരബ്രഹ്മമാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് സംശയമുണ്ടാകും കാരണം രജസർപ്പം പരമാർത്ഥമല്ല അതറിയാം ഇക്കാര്യത്തിൽ സംശയമൊന്നും രജസർപ്പം അനുഭവങ്ങളായിട്ടുള്ളവർക്ക് തന്നെ അറിയാം സർപ്പം പരമാർത്ഥമല്ല പക്ഷെ അത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കുന്നത് പോലെ ഈ പ്രപഞ്ചം പരമാർത്ഥമുള്ള ബോധിക്കാൻ പറ്റുന്നില്ലല്ലോ അത് സത്യമായിട്ടാണ് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണോ കാരണം അവിടെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ഈ അതിവിപുലമായ പ്രപഞ്ചത്തിൽ ഒരംശം അത്യല്പമായ ഒരു അംശം മാത്രമാണ് അത്യല്പമായ അംശത്തിൽ പറയുന്ന കാര്യം ഇതെങ്ങനെ ഈ പ്രപഞ്ചത്തിൽ സമന്യിപ്പിക്കും ചെറുപ്പം ഈ പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയൊരംശം അത അസത്യമാണെന്ന് ബോധിക്കുന്നതിലൂടെ പ്രപഞ്ചം അസത്യമാണെന്ന് എങ്ങനെ ബോധിക്കാൻ കഴിയും ഇത് രണ്ടും തമ്മിൽ യാതൊരു സമാനതയില്ല പ്രപഞ്ചം അതിവിപുലം ബുദ്ധിയുണ്ടോ മനസ്സുണ്ടോ എഗ്രഹിക്കാൻ കഴിയാത്തത് ദൃഷ്ടാന്തമാണെങ്കിലോ അത്യല്പം ഈ അത്യല്പമായി ഈ ദൃഷ്ടാന്തം മതിയോ ഈ അനന്തമായിരിക്കുന്ന പ്രപഞ്ചത്തെ അസത്യൊന്ന് ബോധിക്കാൻ സംശയമില്ല വമാനന്താണ് പറയുന്നത് ഈ അതിവിപുലമായ പ്രപഞ്ചം എന്താണ് എന്താണ് ഈ ഇത് ഇതുപോലെയുള്ള അത്യല്പമായ അംശങ്ങൾ കൂടിച്ചേർന്നിരിക്കുന്ന അണുവിൽ നിന്നും മഹത്താവുന്ന അനേകം അണുക്കൾ കൂടിച്ചേർന്നാണ് ഈ മഹത്തായ പ്രപഞ്ചം ഉണ്ടായിരുന്നു ഇതിനെ ഒരു അംശത്തെടുത്ത് കാണിക്കും മൃത്തും അതിന്റെ കാര്യവും അത് ബോധിക്കാൻ പ്രയാസമുണ്ട് കാരണം പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഒരു അംശം മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഓരോ അംശത്തെയും ഓരോന്നോരോന്നായിട്ടെടുത്ത് പരിശോധിച്ചു നോക്കൂ ഈ പറയുന്ന സിദ്ധാന്തം അവിടെ യോജിക്കുന്നു ഇല്ലയോ അതിനു വേണ്ടിയിട്ടാണ് അനേക ദൃഷ്ടാന്തങ്ങൾ ഇതിന് ഒരു ദൃഷ്ടാന്തം മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ ഏതംശത്തെയും എടുത്ത് സർവത്ര ഇത് തന്നെയാണ് നിയമം കാര്യം കാരണത്തിൽ നിന്നും വേറെയല്ല എല്ലാം പറയാൻ കഴിയില്ലല്ലോ ദൃഷ്ടാന്തമായിട്ട് അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാമെന്നുള്ള ഒരു ദൃഷ്ടാന്തത്തെ പറയുന്നു ഇത് മനസ്സിലായാലും മറ്റൊന്നിൽ പരിശോധിക്കുക വേറെ പരിശോധിക്കുക ഈ ദൃഷ്ടാന്തത്തിന് യോജിക്കാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിൽ കാണപ്പെട്ടു അനേക ദൃഷ്ടാന്തോപാദാനം അനേക ദൃഷ്ടാന്തത്തെ കൂടെ പറഞ്ഞു ഇവിടെ ഇപ്പം മൂന്ന് ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു ദാഷ്ടാന്തിക അനേക ഭേദ മാർ ദാഷ്ടാന്തിൽ വരുന്ന അനേക ഭേദത്തെ അതിനെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദാഷ്ടാന്തികമായി പറയുന്നത് ദൃഷ്ടാന്തം എന്താണോ മൃത്തും മൃത്തിന്റെ കാര്യവും ദാഷ്ടാന്തി ബ്രഹ്മവും ബ്രഹ്മകാര്യമായ പ്രപഞ്ചം ഈ ബ്രഹ്മകാര്യമായ പ്രപഞ്ചത്തിൽ വരുന്ന ഈ ഭേദം ഇവിടെ എന്താണ് അനുഭവപ്പെടുന്നത് ഈ പ്രപഞ്ചം ബ്രഹ്മം തന്നെ എന്നല്ല അനുഭവപ്പെടുന്നു അങ്ങനെ അനുഭവം ഉണ്ടാകുന്നില്ല എന്തുകൊണ്ടതുണ്ടാവുന്നില്ല ഈ പ്രപഞ്ച അനുഭവം അത്രയും വിപുലമാണ് ഇവിടെ ഭേദമൊന്നല്ല അനേക ഭേദമാണ് നിരന്തരം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് എല്ലാം അത് അതിന്റെ കാരണത്തോടെ അഭേദമായിരിക്കുന്നു എന്ന് ചിന്തിക്കുക അത് സാധാരണ സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല വിശേഷമായ ശ്രവണ മനനങ്ങളിലൂടെ അത് ഈ ഏകമായ ദൃഷ്ടാന്തത്തിലൂടെ ഈ വിപുലമായ പ്രപഞ്ചത്തിൽ ഈ കാര്യകരണ നിയമത്തെ സ്ഥാപിക്കുക അതിനുവേണ്ടിട്ട് രണ്ട് മൂന്ന് ദൃഷ്ടാന്തങ്ങൾ പറയുന്നു ഇതുപോലെ എല്ലാം പരിശോധിച്ച് തടിയും അതിൽ മേശയും കസേരിയും ഇതുപോലെ അങ്ങനെ ഏത് വസ്തുവിനെ ഒന്ന് മനസ്സിലാകും എല്ലാ കാര്യങ്ങളും കരണത്തിൽ വേറെയല്ല അതാണ് ദാഷ്ടാന്തിക അനേക ഭേദാനകം മാർഗം അനേക ഭേദങ്ങളിൽ പ്രപഞ്ചത്തിൽ കാണുന്ന സർവത്ര ഇത് ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാ പ്രപഞ്ചകാര്യങ്ങളിലും അതിന്റെ ഉപാദാനത്തോട് അഭേദത്തെ സമർത്ഥിക്കാമെങ്കിൽ ഈ പ്രപഞ്ചകാരണം പ്രപഞ്ചത്തിനുപാദാനമായിരിക്കുന്ന പരമാർത്ഥ തത്വത്തിനോടും ഈ പ്രപഞ്ചത്തിന് ഭേദമില്ലാന്ന് സമർപ്പിക്കാം ദാഷ്ടാന്തിക അനേക ഭേദാനികമാർ അതോടൊപ്പം തന്നെ ദൃഢപ്രതിജ്ഞർത്ഥം ഇവിടെ തത്വമസി തന്നെ ഉപദേശിക്കുന്നു ഒരേ തത്വം തന്നെ പലതവണ വേണ്ടി വരുന്നു ഒരു അത് മനസ്സിലാക്കും മനസ്സിലാക്കിയിട്ടും ദൃഢമാകുന്നു ദൃഢപ്രതീതി ഉണ്ടാകുന്നു സംശയരഹിതമായി ബോധിക്കുന്നില്ല വിപരീയരഹിതമായി അത് ബോധിപ്പിക്കുന്നില്ല അജ്ഞാനരഹിതമായി ബോധിപ്പിക്കുന്നില്ല അത് അങ്ങനെ ബോധിച്ചാൽ അതിനെ ദൃഢപ്രതീതി എന്ന് പോയി പ്രതീതിയിൽ ദൃഢതാകണം കാരണം ഭേദബുദ്ധിയാണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത് അതിന് നിരാകരിക്കക്ക അഭേദബോധം അത് ഇന്ന് തടസ്സമായി നിൽക്കുന്ന സംശയം തുടങ്ങിയവ അതിനെ ദൂരീകരിക്കണം അതാണ് ദൃഢപ്രതീതി ആ ദൃഢപ്രതീതിക്ക് വേണ്ടി ഇവിടെ എന്താണ് ശ്രുതി ഈ പ്രപഞ്ചത്തിലെ സർവവസ്തുക്കളെയും ദൃഷ്ടാന്തമായി പരിശോധിക്കും എവിടെയാണ് ഈ കാര്യകാരണ ബന്ധത്തിന് വ്യത്യാസം വരുന്നത് ഈ കാര്യകാരണ ബന്ധം എവിടെയെങ്കിലും ഈ പ്രപഞ്ചത്തിൽ കാണാതെ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കും അങ്ങനെ എവിടെ പരിശോധിച്ചാലും ബോധ്യപ്പെടുന്നു കാര്യം കാരണത്തിൽ നിന്ന് വേറെയല്ല അതാണ് ദൃഢപ്രതീതി അങ്ങനെയാണെങ്കിൽ ബോധ്യപ്പെടുന്നു ഈ പ്രപഞ്ച കാരണത്തിൽ നിന്ന് പ്രപഞ്ചം വേറെയല്ല അതത് തന്നെയാണ് അനുദൃ പ്രതി സോമ്യ ആദേശോന ഭഗവന്തോ ഗുരവോക്ഷ നാതോ ബോധിപ്പിച്ചത് കാരണത്തിൽ നിന്നും കാര്യം അനന്യമല്ല ബ്രഹ്മത്തെ കുറിച്ചൊന്നും പറഞ്ഞു സത്യനെ കുറിച്ച് പറഞ്ഞു പാചാരംഭണം വികാരവും നാമധേയം അതേ പറഞ്ഞു കാരണം ബ്രഹ്മത്തെ കുറിച്ച് നേരിട്ട് പറഞ്ഞാൽ ബോധിക്കാൻ ഒക്കത്തില്ലല്ലോ നേട്ട് ബോധിക്കാവുന്ന പ്രത്യക്ഷമായി സിദ്ധമായിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കാര്യകാരണങ്ങൾ അത് പ്രത്യക്ഷസിദ്ധമായ കാര്യമാണ് അത് മാത്രമേ ബോധിപ്പിക്കുന്നുള്ളൂ കാര്യകാരങ്ങളുള്ള അഭേദം അത് ബോധിപ്പിച്ചിട്ട് ആ ദൃഷ്ടാന്തത്തിന് വാചാരംഭണം വികാരവും നാമധേയം എന്നുള്ള ദൃഷ്ടാന്തത്തിന് ആ കാര്യകാരണങ്ങൾക്കുള്ള അനന്യത്വത്തെ ബോധിപ്പിച്ചിട്ട് ഇനി ദാഷ്ടാന്തികത്ത് എന്ന് പറയും സത്തായിരുന്നു എന്ന് പറയും ഈ പറഞ്ഞ കാര്യം മനസ്സിലായി പുത്ര അതുകൊണ്ട് കേവ സൗമ്യ സാദേശോ യോ മയോക്തശ്രിതം ശ്രുതം ഭവതി അത് അതിന്റെ താല്പര്യ ഇതാണ് അതാണ് ഞാനിപ്പോ പറഞ്ഞത്യുക്തീ ഇത് കേട്ടുകഴിഞ്ഞപ്പോ പുത്രൻ പറയുകയാണ് അമയേ എന്റെ പൂജ്യന്മാരായ ഗുരുക്കന്മാർ ഗുരുകുരത്തിൽ പന്ത്രണ്ട് വർഷം താമസാധ്യനം ചെയ്തതാണ് ുക്തം വസ്തുഷു എന്റെ ഗുരുക്കന്മാർ എന്തായാലും ഈ തത്വം അറിഞ്ഞിരിക്കാൻ വഴിയില്ല ന വിജ്ഞാനമന്ത്നം അവരെന്തായാലും ഉറപ്പായിട്ടും അറിയില്ല എന്തുകൊണ്ട് വസ്തു കഥമേ ഗുണവത്തെ ഭക്തായ അനുഗതായ നാവേക്ഷ്യൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവരെന്നോട് എന്തുകൊണ്ട് പറയുമായിരുന്നില്ല എന്നാണ് അടുത്തു പറയുന്നത് അവേദിഷ്യൻ കഥം മേ നീ ഭഗവൻസ്വമേ തദ്വീതോ ഇതി എന്റെ ഗുരുക്കന്മാർക്ക് അത് അറിയാമായിരുന്നില്ല ഈ പ്രപഞ്ചരഹസ്യം അറിയാമായിരുന്നെങ്കിൽ അവര് പറയുമായിരുന്നു അവര് പറഞ്ഞില്ല കഥമ്മേ ഗുണപതി ഭക്തായ അനുഗന്ധായ നവേക്ഷ്യൻ ഞാൻ ഗുരുഭക്തി ഉള്ളവനായിരുന്നു അവരനുസരിച്ചവനാണ് ഗുരുകുലത്തിൽ വാസം പൂർത്തിയാക്കിയവനാണ് എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല അവരെന്നോട് പറഞ്ഞ തീർച്ചയായും എന്നോട് മുഴുവൻ വിദ്യയും വെളിപ്പെടുത്തിയതാണ് പക്ഷെ ഇത് പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ കരുതുന്ന എന്താണ് അവർ ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല ഗുരുനഗ് ഭാവം അവാദി പുനർ ഗുരുകുലം പ്രതി പ്രേഷണ ഭയ ഇവിടെ ഭാഷകാരൻ പറയുകയാണ് അവാച്യമത് ഗുരുടെ നഗ്ഭാവം ഗുരുവിന്റെ നഗ്ഭാവം താഴ്ച അത് അവാച്യം ശിഷ്യനൊരിക്കലും പറയാൻ പാടില്ല ഗുരുവിന്റെ ന്യൂനതയെ കുറിച്ച് ശിഷ്യം പറയാൻ പാടില്ല ഗുരുവിനെന്തെങ്കിലും പോരായ്മ ഉണ്ടായിരിക്കാം ഗുരുവിന്റെ ആചാരത്തിന് വിചാരത്തിൽ ചിന്തയും വാക്കൽ ഒക്കെ പോരായ്മകൾ സംഭവിക്കാം പക്ഷെ ശിഷ്യന്റെ ജോലി അതല്ലാതൊക്കെ എടുത്ത് കാണിക്കുക പറയുക അത് ചെയ്യാൻ പാടില്ല അത് ഗുരുത്വമില്ലായ്മയാണ് അവാച ഗുരുവിന്റെ ഭാവം അപ്പൊ ഗുരു അറിവില്ലാത്തവനാണെന്നാണ് പറഞ്ഞത് ഇവിടെ കന്ന വിദ്യ ഉപദേശിച്ച ഗുരു അറിവില്ലെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ അത് പറയാൻ പാടില്ലാത്തതാണെങ്കിലും പറഞ്ഞു അപാദി പറയാൻ പാടില്ലാത്ത പറയാമോ പറയാൻ പാടില്ലാത്ത പറയാൻ പാടില്ല എന്നാലും എന്തുകൊണ്ട് പറഞ്ഞു പറഞ്ഞ സന്ദർഭത്തിനായിരിക്കാണ് പുരുന്നാർ ഗുരുവലും പ്രതി പ്രേഷണ ഭയാ അപ്പോ ഇനി എന്തായാലും ഈ ഒരു കാര്യം ഞാൻ അവിടെ ഗ്രഹിക്കാൻ വിട്ടുപോയ കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇനി തിരിച്ചല്ല ഗുരുകുലത്തിലേക്ക് വിടരുത് എന്ന് പിതാവിനോടുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ് പുനർഗുരുകുലം പ്രതി പ്രേഷണഭയ വീണ്ടും ഗുരുകുലത്തിലേക്ക് അയക്കും അത് ഭയന്നിട്ടാണ് പറയുന്നത് ഇനി അവിടെ പോയിട്ടും കാര്യമില്ല അവർക്കതൊന്നും അറിയത്തില്ല എന്നുവെച്ചാൽ ഗുരുവിനെ താഴ്ത്തി കെട്ടാൻ വേണ്ടി പറയുന്ന അല്ല എന്നാണ് പറഞ്ഞത് ഗുരുവിനറിവില്ല എന്ന് പറഞ്ഞത് ഗുരുക്കന്മാർക്ക് അറിവില്ല ഗുരുക്കന്മാർ വിവരമില്ലാത്തവരാണെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞു പറഞ്ഞതാണെങ്കിൽ അതിനൊരു താല്പര്യമുണ്ടെന്നാണ് ഇനി തിരിച്ചു വീണ്ടും ഗുരുവിനത്തിലേക്ക് പോകാം വയ്യ പിതാപുപദേശിച്ചാൽ മതി അതോ ഭഗവാൻ സ്റ്റേവേ മഹിം തദ് സർവജ്ഞത്വം ഞാതേന അതോ ഭഗവാൻ അങ്ങ് തന്നെ മഹ്യം തദ് വസ്തു ആ വസ്തുവിനെ എനിക്ക് ഉപദേശിച്ചാലും ഏന സർവജ്ഞത്വം ഞാതേന മേസ്യ അതുകൊണ്ട് എനിക്ക് സർവജ്ഞത്വം പ്രാപ്തമാകും അങ്ങയുടെ ആ ഉപദേശം കൊണ്ട് ഞാൻ സർവജ്ഞനായി തീരും സർവജ്ഞ എനിക്ക് സർവജ്ഞത്വം കൈവരണം അസർവജ്ഞത്വം എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം പു പുത്രൻ തന്റെ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞു ഇതറിയണം ഏതെന്തിനറിഞ്ഞാലാണോ എല്ലാം അറിയപ്പെട്ടതായി തീരുന്നത് അമതം മതം അവിജ്ഞാതം വിജ്ഞാതം സർവവും വിജ്ഞാതമായിത്തീരുന്ന ആ സർവജ്ഞത്വം അത് പറയൂ എന്ന് കേട്ടുകഴിഞ്ഞപ്പോതോ വാച തഥാസ്തു സൗമ്യ ശരി പറയാം ഇവിടെ ഒരു ഉദാഹരണത്തിലൂടെയാണ് തുടങ്ങിയത് അടുത്ത് ഇനി അതിലേക്ക് പോവുകയാണ് തസ്മാ അസ്തുതാമാത്രം വസ്ത്രസൂക്ഷ്മം നിർവിശേഷം സർവതം യുഗം നിരഞ്ജനം നിരവയവം വിജ്ഞാനം യവഗമ്യതവേദാന്തേഭ്യ അതാണ് തദ്ദേശ സദ്ന്നാ പറയുന്നത് തുടങ്ങുന്നത് സദവ കുറച്ച് മുമ്പോട്ട് ചെയ്തിട്ടാണോ പുത്രനോട് പറയുന്നത് തത്വം അസിടെ തത്വം അസി അത് നീ ആകുന്നു എന്നാണ് അവിടെ ഉപദേശിക്കുന്നത് എന്താണെന്നുള്ള അറിയാം പുത്രനറിയാം ത്യുമ്പീ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ഗ്രഹിക്കും പക്ഷെ അവിടെ തത് എന്ന് പറഞ്ഞത് എന്താണ് തത്തെന്ന് പറയുന്നത് അതാണ് ഇവിടെ വിശദീകരിച്ചു തുടങ്ങുന്നത് സത് ഇവിടെ പറയുന്ന സദനെയാണ് അവിടെ തത്തെന്ന് പറയുന്നത് ഇവിടെ സതെന്ന് പറഞ്ഞ് തുടങ്ങും സദൈവ സൗമ്യ സത്താണ് സദൈവ സൗമ്യ ഇതുമെങ്കിൽ ആസീതെന്ന് സത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം തത്ത് എന്ന് പറയുമ്പോ എന്തിനും ആ സത്തിന ഗ്രഹിക്കണം ആ സത്ത് നീയാണ് അതാണ് പറയുന്നത് തത്വമസിൽ ജീവാത്മ പരമാത്മ ഏകത്വത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നത് കാരണം ഇവിടെ സത് എന്ന് പറയുന്നത് എന്താണ് പ്രപഞ്ച കാരണത്തെ കുറിച്ചാണ് സൃഷ്ടിക്ക് മുമ്പ് എന്താണോ ഉണ്ടായിരുന്നത് അതാണ് സത് അപ്പൊ സൃഷ്ടിക്കു മുമ്പെന്ന് എന്തുകൊണ്ട് പറയുന്നു സൃഷ്ടിയിൽ അതിനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് അതിന് കാരണവും പറഞ്ഞെന്താണോ വാചാരംഭനം വാഗാലംഭനം ഈ സൃഷ്ടി വാഗാലംഭനമാണ് വാഗാലംബനമായിരിക്കുന്ന സൃഷ്ടിയിൽ നിന്ന് സത്തിന് തിരിച്ച് അവർ തിരിച്ചെടുക്കുന്ന പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് സൃഷ്ടിക്ക് മുമ്പുള്ള കാര്യത്തില സൃഷ്ടിക്ക് മുമ്പ് അത് സത്തായിരുന്നു സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്ന സത്ത് ആ സത്ത് അതിന് തത്ത് എന്ന് പറയുന്നു അത് അസി അത് നീയാണ് അതാണ് ആ ഏകത്വം എന്ന് പറയുന്നത് ഇവിടെ പോലാണ് ശരിക്കും തത്വം അസിയുടെ വിശദീകരണം തുടങ്ങുന്നത് അതിന് വേണ്ടിയിട്ടാണ് സത്തെന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ഇപ്പം തത്തുമസീയുടെ വ്യാഖ്യാനങ്ങളൊക്കെ പഠിക്കുമ്പോൾ തത്തുമസിയെ പിൽക്കാലത്ത് തത്തുമസീയുടെ വ്യാഖ്യാനം പറയുമ്പോൾ ഈ രീതിയിലല്ല പറയുന്നത് ഭാഷ്യകാരം സ്വീകരിച്ചിരിക്കുന്ന രീതിയല്ല അവിടെ തത് ത്വം അസി നമ്മൾ പറയും തത്ത് എന്ന് പറയുന്നത് തൊമ്മെന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും തത്തെന്ന് പറയുന്നത് ഈശ്വരനാണ് തൊമ്മന്ന് പറയുന്നത് ജീവനാണ് ഈശ്വരൻ സർവജ്ഞനാണ് ജീവൻ നാല് പജ്ഞനാണ് ഇത് രണ്ടും എങ്ങനെ ഏകമാകും അപ്പോൾ അതിനെ ഏകമാക്കുന്നതിന് വേണ്ടി അവിടെ അതിൻ്റെ ലക്ഷ്യാർഥത്തെ ഗ്രഹിക്കണം അപ്പോൾ വച്ചാർത്ഥത്തെ വിടണം അപ്പോൾ തത് ശബ്ദത്തിൻ്റെ വാച്ച അടത്തമായിരിക്കുന്ന സർവജ്ഞനായിരിക്കുന്ന ഈശ്വരൻ അതിനെ വിടുക തൊമ്പതത്തിന്റെ വാച്ച അടത്തമായിരിക്കുന്ന അല്പജ്ഞനായിരിക്കുന്ന ജീവൻ അതിനെ വിടുക എന്നിട്ട് രണ്ടിലും ഏകരൂപത്തിലിരിക്കുന്ന തത്വത്തെ നിരുപാധികമായ നിർഗുണമായിരിക്കുന്ന തത്വത്തെ സ്വീകരിക്കുക അതെങ്ങനെ സ്വീകരിക്കും നമ്മുടെ പരസ്പര വിരുദ്ധമുണ്ട് തത്തൊന്ന് പറയുന്നത് ഈശ്വരനാണ് തൊമ്പന്ന് പറയുന്ന ജീവനാണ് ഇത് രണ്ടും വിരുദ്ധ സ്വഭാവം ഉള്ളതാണ് വിരുദ്ധ സ്വഭാവമുള്ള കാര്യങ്ങൾ അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ താല്പര്യത്തെ ആഗ്രഹിക്കുന്നതിന് ആ വൈദ്യുദ്ധ്യത്തെ ഉപേക്ഷിക്കണം അതിന് ലക്ഷണാവൃത്തിയിലൂടെ ഗ്രഹിക്കണം ലക്ഷണാവൃത്തിയിലൂടെ വാച്യാർഥത്തെ തിരിച്ചിട്ട് ലക്ഷ്യാർത്ഥത്തെ സ്വീകരിക്കും അതിനുവേണ്ടി ജഹദലഹക്ഷണം എന്ന് പറയുന്ന ഒരു ലക്ഷണയിലൂടെ അത് സ്വീകരിക്കും ഈ തരത്തിലാണ് തത്ത്വമസ്യ വ്യാഖ്യാനിക്കുന്നത് ഈ വ്യാഖ്യാനം വ്യാഖ്യാനം അസംബന്ധമെന്നുണ്ടാ പറയുന്നത് അങ്ങനെ ഒരു വ്യാഖ്യാനം ഇവിടെ പറയുന്നുണ്ട് കാരണം അവിടെ ഇവിടെ തത്വമസി തശബ്ദത്തിന്റെ അർത്ഥമായി സർവജ്ഞനും സർവശക്തനുമായിട്ടുള്ള ഈശ്വരനും നിന്നും എടുക്കുന്നില്ല ബച്ചവർ ഇവിടെ നേരിട്ടാണ് തത്ത് എന്ന് പറഞ്ഞാൽ ആ സത്ത് തന്നെ സൃഷ്ടിക്കുന്ന ബന്ധാണുണ്ടായെന്നാ തത്ത് അത് വിശദീകരിക്കുന്നുണ്ട് അത്വം അത് നീയാണ് ഇത് കുറച്ചുകൂടി ലളിതവും സരളവുമാണ് നേരിട്ടുള്ളതുമാണ് ഇനി തത്തുമസി ഇങ്ങനെ ജഹദ് ജഹൽലക്ഷണവരെയൊക്കെ എത്തിച്ചേർത്തത് പിൽക്കാലത്ത് ശങ്കരാചാര്യർക്ക് വിശേഷമുള്ള ആചാര്യന്മാർ അതിൽ പരിഷ്കാരങ്ങൾ വരുത്തിയാണ് അവിടെ ജഹൽലക്ഷണം വരും ആ ജഹൽ ലക്ഷണം വരും ജഹദ് ജഹൽ ലക്ഷണം വരും ഈ ലക്ഷണ എല്ലാം വരുന്നത് മറ്റ് ദർശനങ്ങളിൽ നിന്നാണ് മീമാംസയിലും സാഹിത്യത്തിൽ നിന്നുമെല്ലാം ഇങ്ങോട്ട് കടമെടുത്തിട്ടാണ് ഇതൊക്കെ ഇവിടെ പ്രയോഗിക്കുന്നത് അങ്ങനെ വരുന്നതിന് കാരണം ഒരു പ്രധാനമായ കാരണം ഈ അദ്വൈത ഭാഷ്യത്തിന് ശേഷം ഭാഷിച്ച മധവൻ എല്ലാമാനുജൻ ശ്രീവല്ലഭൻ തുടങ്ങിയ ഇവരെല്ലാം ഇവിടെ ശങ്കരാചാര്യർ ഇതിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചു കൊണ്ട് സത്തെന്ന് പറയുന്നതിനും അവിടെ ഈശ്വരൻ എന്നുള്ള ശബ്ദമേ വരുന്നില്ല കേവലം പ്രപഞ്ച എന്നുള്ള ഒരു അത് മാത്രമുണ്ട് അങ്ങനെ കഴിഞ്ഞപ്പോൾ അവിടെ അവർക്കത് സ്വീകരിക്കാൻ നിവൃത്തിയില്ലാതെ ഒന്നും അവിടെ ഒരു സഗുണനായ ഒരു ഈശ്വരനെ സ്വീകരിച്ചേ അതുകൊണ്ട് അതിനെ സർവജ്ഞനും സർവശക്തനുമായ ഒരു ഈശ്വരനായിട്ട് ഇതിനെടുത്തു സ്വീകരിച്ചു അതാണ് സത്യം സർവജ്ഞനും സർവശക്തനുമായ ഒരു ഈശ്വരൻ അതാണ് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത് എന്തായാലും അങ്ങനെ ഒരു ഈശ്വരനെ സമർത്ഥിച്ചു കഴിഞ്ഞു സംക്ര കാലത്തിന് ശേഷം അങ്ങനെ ഒരു സകുണ കൂടുതൽ ഒരു പ്രമാണത്തിലൂടെ യുക്തിവാദങ്ങളിലൂടെ എല്ലാം അവർ പിന്നീട് വന്ന ആചാര്യന്മാർ മാധവ സമ്പ്രദായത്തിലെയും രാമാനുജ സമ്പ്രദായത്തിലേയുള്ള ആചാര്യന്മാരും ശങ്കരാചാര്യരെ പോലെ തന്നെ ദിഗ്വിജയം നടത്തി അവരും ഭാരതം മുഴുവൻ സഞ്ചരിച്ച് എന്നുള്ള വാദികളെയൊക്കെ പരാജയപ്പെടുത്തി അവരുടെ മതസ്ഥാപിച്ച് സഗുണ ഈശ്വരന് വളരെ പ്രാധാന്യമുണ്ട് സർവജ്ഞനും സർവശക്തനുമായൊരു സർവജ്ഞനായൊരു ഈശ്വരനെ ശങ്കരാചാര്യം അംഗീകരിക്കുന്നുണ്ട് പക്ഷെ ആ തരത്തിലെല്ലാവരും അതിനെ സമർത്ഥിച്ചത് ദ്വൈതത്തിനും വിശിഷ്ടത്തിനുമൊക്കെ മറ്റൊരു തരത്തിലതിനെ സമർപ്പിച്ചു ആ ഈശ്വരൻ എങ്ങനെ ജീവനോട് ഏകനാകും ജീവനോ ആയിട്ടൊരു ബന്ധമുണ്ടല്ലോ ജീവനാ ഈശ്വരന്റെ ദാസനാണ് അത്രയും ജീവന അവിടെ സ്ഥാനമുണ്ട് അതെങ്ങനെ ഏകമാകും ഒരിക്കലും ആ ഏകത്വ ബോധം ജീവൻ ഉണ്ടാകത്തില്ല പിന്നെ അങ്ങേയറ്റം മുക്തി എന്ന് പറയുന്നത് മാറ്റി സാലൂഖ്യം സാരൂപ്യം സാഹിജ്യം എന്നെല്ലാം പറയുന്ന തരത്തിൽ മുക്തിയുടെ സ്വഭാവവും മാറ്റി ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ അവതരിപ്പിച്ച ഈശ്വരൻ ജീവൻ ഇത് തമ്മിൽ ഇത്രയും ഭേദം വന്നപ്പോ ഇതിനൊന്ന് ഇതിനു സമാധാനം അദ്വൈതത്തിന്റെ പക്ഷത്തു നിന്നുകൊണ്ട് പറയുന്നു അതിനു വേണ്ടിയിട്ട് തത്വമസിയെ വ്യാഖ്യാനിച്ചതാണ് വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഈ അഭ്യാസങ്ങളെല്ലാം കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തത്വമസിയുടെ അർത്ഥത്തില്ല അതിൻ്റെ ആവശ്യം അപ്പം വേദാന്തത്തിന് കാലം കൊണ്ടുവന്ന പരിണാമമാണ് ഈ ജഹദജഹൽ ലക്ഷണിയൊക്കെ ഇതിൻ്റെ അകത്ത് കടന്നു വന്നു ഇത് വളരെ ക്ലിഷ്ടമായി മാറിയത് അത് ഒരു കാലത്തിൽ ആവശ്യമായിരുന്നു കാരണം ഈ ദിഗ്വിജയം നടത്തുന്ന ആചാര്യന്മാരുടെ അടുത്ത് സമാനം പറയാൻ വേണ്ടിട്ട് പിൽക്കാലത്തുള്ള ശങ്കരാചാര്യന്മാര് ആചാര്യന്മാര് ഉണ്ടാക്കിയതാണ് അതല്ല ആ ലക്ഷണം അവരുണ്ടാക്കിയല്ല ഈ തത്തുമസ്യ മഹാവാക്യത്തിൽ അതിനെ ഉപയോഗിച്ച് അങ്ങനെയാണ് കാനം കൊണ്ടുവന്നതാണ് പക്ഷെ പുസ്തകങ്ങൾ ശങ്കരാചാര്യന്റെ പേരിൽ തന്നെയുണ്ട് ശങ്കരാചാര്യ എഴുതിയതായിട്ടൊക്കെ തന്നെയുണ്ട് അതെല്ലാം തൽക്കാലത്തുള്ള ശങ്കരാചാര്യന്മാർ എഴുതി എന്നുള്ളതേ ഉള്ളൂ എന്തുകൊണ്ട് ശങ്കരാചാര്യരെന്താണോ എന്ന് വിശദീകരിക്കുന്നത് അതിവിടെ വ്യക്തമാണ് അപ്പോ അത് അതിന്റെ ഒരു സംസ്കാരം ഘട്ടമായിരിക്കുന്ന ഇന്നിപ്പോ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് ശങ്കരാചാര്യർ എഴുതിയല്ല അദ്ദേഹത്തിൽ ഇന്നാൾക്കാർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ശങ്കരാചാര്യന്റെ ശിഷ്യന്മാരെഴുതാണ് അപ്പൊ അത് മനസ്സിലാകുമ്പോൾ ആദ്യം ഇതൊക്കെയാണ് മനസ്സിൽ പിന്നെ ഉറച്ചു പോകുന്നത് ലക്ഷണം കത്തുമസി ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇത് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ശങ്കരാചാര്യ നേരിട്ട് പറഞ്ഞാൽ എന്താണെന്ന് പിടികിട്ടും പ്രയാസം കണ്ണം മനസ്സിൽ മറ്റേതായി തലയ്ക്കകത്ത് മറ്റതിരി അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ശാസ്ത്ര കസർത്തുകളൊന്നും ഇല്ല ഉള്ള ഭാഷകാരൻ നേരിട്ട് കുറേ ലളിതമായിട്ട് പിന്നെ ഇവിടെ വാദവിവാദങ്ങളെല്ലാവണം മറ്റു തരത്തിലുള്ള ചിന്തകളെ നിരാകരിക്കുന്നതിന് വേണ്ടി പക്ഷെ തത്വമസീത വ്യാഖ്യാനം കൂടെ വളരെ ലളിതമാണ് എന്ന് പറയുന്ന ആ തത്ത് അത്വം അത് നീ മനസ്സിലാക്കാനൊന്നും ഏതൊരു കാരണത്തിൽ നിന്നാണോ നീ ഉണ്ടായത് അത് തന്നെയാണ് നീ ഇത്തരത്തിൽ ലളിതമായിട്ടാണ് പറയുന്നത് ഇവിടെ സർവജ്ഞത്തും അൽപജ്ഞത്തും അത് തമ്മിലുള്ള വിരോധം അതിനെ പരിഹരിക്കുക ഇവിടെ സർവജ്ഞനായ ഒരു ഈശ്വരൻ അതൊന്നിവിടെ ചർച്ചയ്ക്ക് വരുന്നതേ അദ്വൈതം ശാങ്കരഭാഷ്യത്തിൽ അവതരിപ്പിക്കുന്ന ശൈലിയും ഉൽക്കാലം കാലം കൊണ്ട് വർഷങ്ങൾ കഴിഞ്ഞ് ഇന്നിപ്പോൾ നമ്മുടെ കാലത്ത് വർഷങ്ങൾക്ക് ശേഷം പത്ത് പതിനായിരം വർഷങ്ങൾക്ക് ശേഷം പത്തായിരം വർഷങ്ങൾക്ക് ശേഷം നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ മുമ്പിലുള്ള മറ്റ് ഗ്രന്ഥങ്ങളിലുള്ളതുമായിട്ട് ഒരുപാട് അതിൻ്റെ പ്രതിപാദന ശൈലിയിൽ വ്യത്യാസമുണ്ട് ഇതിന് ഉണ്ടിനി വേറെ വേറെ മനസ്സിലാക്കിയില്ലെങ്കിൽ ആശയക്കുഴപ്പം വരും ഭാഷകാരം പറഞ്ഞത് ഇന്നതാണ് അത് ഭാഷത്തുള്ളത് ഇത് മറ്റു ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന ഇന്നതാണ് അത് ഒരു കാലം അങ്ങനെ വരുത്തിയതാണ് അദ്ദേഹം മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്നാലും ഭാഷയൊന്നും നോക്കാറുണ്ട് അവര് ആദ്യം തന്നെ വളരെ ലഘുവായ പ്രകരണങ്ങൾ തത്വബോധം ആത്മബോധം പോലെയുള്ള പ്രകടനങ്ങൾ ശങ്കരാചാര്യന്റെ പേരിൽ എഴുതിയിട്ടുള്ള പ്രകടനങ്ങൾ വായിച്ചിട്ട് ഇതാണ് അവസാനത്തിന്റെ അദ്വൈതത്തിന്റെ അവസാനം നമുക്ക് തീരുമാനിക്കും ഈ പ്രതിപാദന രീതിയാണ് ഇത് എന്റെ വാസ്തവത്തിലുള്ള ശൈലി എന്ന് വിചാരിക്കും അത് തെറ്റിദ്ധാരണ ഉണ്ടാകും അല്ലാദ്യം മനസ്സിലാക്കേണ്ടത് ഭാഷ്യം തന്നെയാണ് അദ്വൈതം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഭാഷ്യം തന്നെ അതിനുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അദ്വൈതം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരും മനസ്സിലാക്കിക്കുന്നവർക്കും പലർക്കും സംസ്കൃതം അറിയില്ല അതാണ് വലിയൊരു കരാറ് അതുകൊണ്ട് തന്നെ ഭാഷ്യം വായിച്ചാൽ മനസിലാക്കാൻ പ്രയാസം അതുകൊണ്ട് എന്തു ഈ പ്രകടന ഗ്രന്ഥങ്ങളിലേക്ക് പോകും അവിടെ പോകുമ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് അകന്നം പോവും ഇവിടെ നമ്മൾ മനസ്സിലാക്കണം എന്താണ് തത്തോമസി എന്ന് എങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു ഭാഷകാരൻ സദേവ സതി അസ്ഥിത മാത്രം തത്വമസീത തത്ത് എന്ന് പറയുന്നത് എന്തിനാണ് ഈ സത്താണ് അതെന്താണത് അസ്ഥിത കേവലം അസ്തിത്വം അസ്ഥിത മാത്രം വസ്തു അസ്ഥിത എന്ന് പറയുന്നതിന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം ഏതൊന്നിനെയാണോ നിഷേധിക്കാൻ കഴിയാത്തതാണ് അസ്തിത്വം കാരണം അതിനെ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷെ ഇങ്ങനെ മനസ്സിലാക്കാം നിഷേധിക്കാൻ കഴിയാത്തതെന്തോ അത് അസ്തി നമുക്ക് ഏതെങ്കിലും നിഷേധിക്കാം ഈശ്വരനെ വേണമെങ്കിലും നിഷേധിക്കും പക്ഷെ അസ്തിത്വത്തെ നിഷേധിക്കാൻ പറ്റും അതാണ് തത്ത് അത് പറയുന്നത് ഒരാൾ പ്രപഞ്ചബോധത്തോടുകൂടിയിരിക്കുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ്സിലൂടെ ഈ പ്രപഞ്ചത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഗ്രഹിക്കുന്ന ആളിനെയാണ് പറയുന്നത് ജീവൻ ആ ജീവന് ഗ്രാഹ്യമായിരിക്കുന്ന സർവത്തെയും നിഷേധിക്കും എങ്ങനെ നിഷേധിക്കും ഇത് സത്യമുണ്ടോ ഇത് പരമാർത്ഥമല്ല പഞ്ചഭൂതങ്ങൾ പരമാർത്ഥമല്ല സൂര്യചന്ദ്രന്മാർ പരമാർത്ഥമല്ല തൻ്റെ അറിവിന് വിഷയമായിരിക്കുന്ന നാമരൂപാത്മകമായി ഒന്നും തന്നെ പരമാർത്ഥമല്ല എന്നും നിഷേധിക്കുക പറയുന്നത് അങ്ങനെ നിഷേധിക്കുമ്പോൾ നിഷേധിക്കാൻ കഴിയാത്ത ഒന്നാണ് അതിനാണ് പറയുന്നത് അസ്തിത്വം നിഷേധിക്കാൻ കഴിയുന്നത് അങ്ങനെ നിഷേധം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ നിഷേധിക്കാൻ കഴിയാത്ത എന്തിനാ നിഷേധിക്കുന്നവന് തന്നെ നിഷേധിക്കാൻ കഴിയാത്ത തന്നെ തനിക്ക് നിഷേധിക്കാൻ കഴിയത്തില്ല തന്നെ നിഷേധിച്ചാൽ അങ്ങനെ നിഷേധിക്കാൻ ഒരുവനുണ്ടാകത്തില്ല താനുള്ളത് കൊണ്ടാണ് ഈ നിഷേധം നടക്കുന്നത് ഞാൻ എന്നെ ആശ്രയിച്ച് ബോധത്തെ ആശ്രയിച്ച് ഈ ബോധത്തെങ്ങനെ നിഷേധിക്കും തന്നെ എങ്ങനെ നിഷേധിക്കും അത് സാധ്യമല്ല അതാണ് അസ്ഥിത മാത്രം അത് കേവലം അസ്ഥിത്വമാണ് അതിനെ നിഷേധിക്കാനൊന്നുമില്ല വസ്തു സൂക്ഷ്മം അത് അത്യധികം സൂക്ഷ്മമാണ് അതാണ് വാർത്തയന്തിയുമായി നജീകൃഷ്ണനെ ബോധിപ്പിക്കുന്നതാണ് നീ അസ്ഥിതാ മാത്രമാണ് അതിസൂക്ഷ്മമായ അസ്തിത്വമാണ് നിർവിശേഷം പാശ്ചാത്യപ്പൊരസ്ഥിതാവാദമുണ്ട് അസ്തിത്വവാദം അതൊന്നും അല്ലായിരുന്നു അതിട്ടൊന്നും ബന്ധ ഒരു അസ്ഥിതാവാദത്തെ നിഷേധിക്കുകയും അംഗീകരിക്കുക ചെയ്യും അസ്തിത്വവാദം അല്ല ഇവിടെ പറയുന്നത് ഇവിടെ എന്താണ് സൂക്ഷ്മം നിർവിശേഷം അതിനെ വിശേഷിപ്പിക്കാം മയ്യെ ഇവിടെ നെയ്തി നീതി നിഷേധിച്ചു കഴിഞ്ഞാൽ ആ നിഷേധം തുടരാൻ കഴിയാത്ത സ്ഥിതി എന്നൊരു വിശേഷം അതിന് അതിനൊരു വിശേഷതകളില്ല എവിടെയെല്ലാം വിശേഷതയുണ്ടോ അതിനെല്ലാം നിഷേധിക്കാം നാമരൂപങ്ങളെല്ലാം ആണ് ഈ പ്രപഞ്ചത്തിന്റെ വിശേഷത സ്ഥൂലമായിട്ട് പറഞ്ഞത് നാമരൂപങ്ങളെന്ന് പറഞ്ഞാൽ പ്രപഞ്ചമായി അത് വിശേഷമാണ് നാമരൂപം അതിനെ നിഷേധിക്കാം പക്ഷെ നിർവിശേഷം അതിന് വിശദീകരിക്കാൻ പറ്റത്തില്ല സർവകലം അത് സർവവ്യാപ്തമാണ് അസ്തിത്വം സർവവ്യാപ്തമാണ് നമ്മൾ അസ്തിത്വത്തിലാണോ പദാർത്ഥത്തെ നിഷേധിക്കുന്നത് അത് ഗതാഭാഷ്യത്തിൽ അത് വിശദമായി ചർച്ച ചെയ്തതാണ് മുമ്പിലൊരു വസ്തു ഇരിക്കുമ്പോൾ ആ വസ്തുവിനെ നമ്മൾ നിഷേധിക്കുന്നു പുസ്തകത്തെ നിഷേധിക്കുന്ന എന്താണ് നമുക്ക് പറയാം ഈ പുസ്തകം പലതരത്തിൽ നിഷേധിക്കാം ഈ പുസ്തകം പേനയല്ല എന്ന് പറഞ്ഞാൽ പുസ്തകത്തിന്റെ നിഷേധമാണ് ഈ പുസ്തകം മറ്റൊന്നല്ല എന്ന് പറഞ്ഞാൽ അത് പുസ്തകത്തിൻ്റെ നിഷേധമാണ് ഇനി പറയാം ഈ പുസ്തകം ഇത് സത്യമല്ല നിഷേധമായി ഇത് നശിച്ചു പോകുന്നതാണ് ഒരു കാലത്ത് ഇല്ലാതിരുന്നതാണ് അത് അതിൻ്റെ നിഷേധമാണ് ഇനി പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഇതിന്റെ വാസ്തുവല്ല നമ്മൾ കാണുന്നതല്ല ഇത് പരമാണു ആണ് അല്ലെങ്കിൽ സൂക്ഷ്മ പദാർത്ഥങ്ങളാണ് അത് കൂടി ചേരുന്നതാണ് നമ്മൾ കാണുന്ന ഈ ജാഗ്രതയും രൂപവും ഇതിലുള്ളതല്ല നേരത്തെ പറഞ്ഞ കാര്യകാരണ അനന്യത്വനായം അനുസരിച്ച് ഇതിന്റെ കാരണം എന്താണ് ആ കാരണത്തിൽ നിന്നാണ് ഇതുണ്ടായത് പരമാർത്ഥത്തിൽ കാരണം അതാണ് ഈ തരത്തിൽ പറഞ്ഞ് നിഷേധിക്കും എല്ലായിടത്തും നമ്മൾ എന്താണ് പറയുന്നത് നാസ്തി അങ്ങനെ നിഷേധിക്കുന്നിടത്തെല്ലാം ഓരോ വസ്തുവിനെയും നിഷേധിക്കുന്നിടത്തെല്ലാം എന്താണോ നമ്മളിതിന്റെ അസ്തിത്വത്തെ സമർത്ഥിക്കുകയാണ് എന്നാ പറയുന്നത് എന്താണ് അസ്തിത്വം ഇതിനല്ലെന്നാ നമ്മള് പറയുന്നു നാസ്തി എന്ന് പറഞ്ഞു ഇതിൽ അസ്തിത്വമില്ല അപ്പോ ഇവിടെ ഏതൊരു അസ്തിത്വത്തെ നമ്മള് അനുഭവിക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ ആ നമ്മൾ ഇതിൽ ആരോപിക്കുകയാണ് ഈ പുസ്തകത്തിൽ എന്നിട്ട് പറയുന്നു ആ ഇതല്ല അസ്തിത്വം ഇതിൻ്റെതല്ല മറിച്ച് അസ്തിത്വത്തിൽ ഇത് ആരോപിതമാണ് അസ്തിത്വത്തോട് ചേർന്നത് പ്രതീതമാകുകയാണ് നാസ്തി നാസ്തി നേതി നേതി എന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ മറ്റൊരു തരത്തിൽ അവിടെ അസ്തിത്വത്തെ സമർത്ഥിക്കുകയാണ് എവിടെ ഒരു വസ്തുവിന്റെ സ്ഥിതിയെ നിഷേധിക്കുന്നു അവിടെയെല്ലാം പറയുന്നെന്താണ് അസ്തിത്വം അതിതല്ല ഇത് നാമരൂപാത്മകമാണ് ആ നാമരൂപാത്മകമായ ഈ വസ്തുവിനും അസ്തിത്വം അനുഭവപ്പെടുന്നു സർവം സത് സർവത്തിലുണ്ട് ശൂന്യതയിൽ പോലും എന്തു പറയുന്നു എന്താ അശൂന്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയേണ്ട ഒരു അശൂന്യതമുണ്ട് ശൂന്യതയിലും ഉണ്ട് അസ്തിത്വം സർവനിഷേധങ്ങളിലും ഉണ്ട് നിങ്ങൾ നിഷേധിക്കുന്നു എന്ന് ചോദിച്ചാൽ അതേന്ന് പറഞ്ഞാൽ എന്തു ചെയ്തു നിഷേധയിൽ അസ്തിത്വത്തെ അംഗീകരിക്കുകയാണ് അസ്തിത്വത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് സർവ്വപദാർത്ഥങ്ങളും കാരണം എവിടെയും നമുക്കിതിനെ നിഷേധിക്കാൻ പറ്റുന്നുണ്ട് അസ്തിത്വത്തെ ആശ്രയിച്ച് യും അതേസമയം ഇതിനെ നിഷേധിക്കാൻ കഴിയുന്നുണ്ട് ഇതല്ല ഇതല്ല എന്ന് അങ്ങനെ നിഷേധിക്കാൻ കഴിയുന്നുണ്ട് എന്താണ് പദാർത്ഥങ്ങൾ അസ്തിത്വത്തിൽ ആരോപിതമാണ് സർവപദാർത്ഥങ്ങൾ പ്രപഞ്ചം ആകമാണ് അസ്തിത്വത്തിൽ ആരോപിതമാണ് അതുകൊണ്ട് അസ്തിത്വം എന്താണ് സർവഗതമാണ് അസ്തിത്വത്തിനൊരിക്കൽ രൂപാന്തരം സംഭവിക്കത്തില്ല ഇവിടെ നമുക്ക് രൂപാന്തരം കാണാൻ ഒരേ ഒരു വസ്തു പഞ്ചഭൂതം അത് തന്നെ പുസ്തകമായി മാറി വിമേശയായിട്ട് മാറി രൂപാന്തരം സംഭവിക്കുന്നു അതെല്ലാം പഞ്ചഭൂതമാണല്ലോ പ്രപഞ്ചത്തിൽ വാകാലംബനമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന് സർവത്ര രൂപാന്തരം സംഭവിക്കുന്നു പക്ഷെ അസ്ഥിത്വമോ എവിടെയെല്ലാം നിഷേധിക്കുന്ന അവിടെയെല്ലാം പറയുന്നത് എന്താണെന്നാ അസ്ഥി അസ്ഥിത്വത്തിന് ഒരിടത്തും മാറ്റം വരുന്നില്ല എന്തുകൊണ്ടാണ് അസ്തിത്വം ഏകമാണ് അതുകൊണ്ടാണ് അതിന് ഏകമെന്ന് പറയുന്നത് ഈശ്വരനേകനാണ് ബ്രഹ്മമേകമാണ് അസ്തിത്വം ഏകമാണ് ജ്ഞാനമേകം എന്നെല്ലാം പറയുന്നത് എന്തുകൊണ്ട് കാരണം അവന് മാറ്റം വരുന്നില്ല അതിനൊരു മാറ്റം വരുന്നതായിട്ട് നമുക്ക് അനുഭവമില്ല മാറ്റം വന്നതെങ്കിൽ പറയാൻ വരുന്ന അനേകമാണ് പുസ്തകം അനേകമാണ് എന്തുകൊണ്ട് മാറ്റം വരുന്നത് മേശ അനേകമാണ് മാറ്റം പക്ഷെ ആ മാറ്റത്തെ നമ്മൾ മനസ്സിലാക്കുന്ന എങ്ങനെ അസ്ഥിത്വോട് ചേർന്നാണ് ഏതിന്റെ മാറ്റത്തെ നമ്മൾ മനസ്സിലാക്കിയാലും സർവത്ര എന്താ ഒരു ഒന്നേ നമുക്ക് പറയാമല്ലോ നേസ്തി നാസ്തി സർവത്ര അസ്തി ഏകരൂപത്തിൽ തന്നെ കാരണം അതിന് മാറ്റം വരാത്തോണ്ടത് ഏകമാണ് നിരഞ്ജനം അതിന് മറ്റൊന്നിനെ കൂട്ടിച്ചേർക്കാൻ കഴിയത്തില്ല പരിശുദ്ധമാണോ അതില് കളങ്കമില്ല നമുക്ക് നമ്മുടെ മുമ്പിൽ കാണുന്ന ഏത് വസ്തുക്കളെ ഒന്നിനെ മറ്റൊന്നിനോട് കൂട്ടിച്ചേർക്കാം പഞ്ചഭൂതങ്ങൾ കൂടി ചേർന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് അഗ്നി വായുവിനോട് ചേരുന്നു വായു അഗ്നിയോട് ചേരുന്നു രൂപാന്തരം സംഭവിക്കുന്നു പൃഥ്വി ജലത്തോട് ചേരുന്നു ജലമാകാശത്തോട് ചേരുന്നു പഞ്ചീകരണം ഇതെല്ലാം നമ്മൾ തൃപുത്കരണം ഇതെല്ലാം ചരിച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പം ഒന്നും മറ്റൊന്നിനോട് കൂടി ചേർന്നേ ഇരിക്കും പ്രപഞ്ചത്തിന്റെ സ്വഭാവമാണ് ഏതെങ്കിലും ഒരു ഭൂതത്തെ തനിയെ കിട്ടത്തില്ല ഇത് ആകാശമാണ് ഇത് പൃഥിവി എന്ന അനുഭവത്തിൽ കിട്ടത്തില്ല അത്യധികം സൂക്ഷ്മമായ ആകാശമാണെങ്കിലും അത്യധികം സ്ഥൂലമായ പൃഥിവി ആണെങ്കിലും രണ്ടും ചേർന്നേ ഇരിക്കും പ്രപഞ്ച സ്വഭാവമാണ് ും കളങ്കം സർവത്രയും ഒരു ചേരുകയാണ് പ്രപഞ്ചമെന്ന് പറയുന്നത് പക്ഷെ ഇതാണെങ്കിലോ അസ്തിത്വം നിരഞ്ജനം അതിനകത്ത് എന്തിനെങ്കിലും കൂടി ചേർക്കാൻ കഴിയും അസ്തിത്വത്തോടൊന്നിനെ കൂടെ ചേർക്കുക അത് എന്തുകൊണ്ട് അസ്തിത്വം സർവത്രയും നിഷേധിക്കുന്നു ഇതല്ല എന്ന് പറയും നിഷേധിക്കുന്നു അതുകൊണ്ട് അസ്തിത്വം നിരഞ്ജനമാണ് കളങ്കരഹിതമാണ് നിരവയവും ഇതിനംശങ്ങളല്ല വളരെ സ്പഷ്ടമാണ് അംശങ്ങളുണ്ടെങ്കിൽ അതിനെ നമുക്ക് വിഭജിച്ച് പറയാൻ പറ്റില്ല ഞാൻ പറയുന്നു ഞാൻ എന്നിട്ട് പറയുന്നു എന്റെ തല എന്റെ കഴിവ് എന്റെ കാല് അവയവമുള്ള സർവ്വത്തിനെ ഇങ്ങനെ നിർവചിക്കാം പക്ഷെ അസ്തിത്വത്തിൽ എങ്ങനെയാ പറയുന്നു അസ്തിത്വത്തിൻ്റെ ഇന്ന ഭാഗം ഇന്ന ഭാഗം അസ്തിത്വത്തിന്റെ തല കാല് അതിൻ്റെ അവയവങ്ങൾ ഒന്നും പറയാൻ പറ്റില്ല അസ്തിത്വത്തിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ കുറയ്ക്കാനോ സാധ്യമല്ല പരമാവധി നമുക്ക് പറയാമെന്നുള്ള നാസ്തി അതും അസ്തിത്വത്തിനൊന്നും സംഭവിക്കുന്നുണ്ട് അസ്ഥി എന്ന് പറയുന്നിടത്തും അതുണ്ട് നാസ്തി എന്ന് പറയുന്നിടത്തും അവിടെയുണ്ട് അത് അതിനൊന്നും സംഭവിക്കുന്നില്ല പിന്നെ നഞ്ഞ നിഷേധം അതിനുള്ള ഈ വകല്പങ്ങളെ കൽപ്പനകളെ മാറ്റാൻ വേണ്ടി മാത്രം ാസ്തി എന്ന് പറയുന്നിടത്തോ അസ്ഥിന്ന് പറയുന്നിടത്തോ അസ്തിത്വത്തിന് വ്യത്യാസം വരുന്നില്ല അസ്തിത്വ ബോധത്തിന് വ്യത്യാസം വരുന്നില്ല അതുകൊണ്ട് അതെന്താണ് നിരവയവമാണ് ആത്യന്തികമായിട്ടതെന്താണ് ഈ അസ്തിത്വം പറയുന്നത് എന്ന് പറഞ്ഞല്ലോ ഒരു ജീവൻ അവൻ ബോധത്തോടെ ഉയരുന്നു ഈ പ്രപഞ്ചത്തെ അറിയുമ്പോഴാണ് അവന്റെ ഈ അസ്തിത്വ ശരി പുസ്തകം ഇന്നതാണ് മേസ് ഇന്നതാണ് ഇതെല്ലാം നമുക്ക് ഇതിനെ പ്രത്യേകം വ്യവഹരിക്കാം ഇതിന് പറയും ഇതിനൊക്കെ അർത്ഥക്രിയാ കാര്യത്വമുണ്ട് പുസ്തകം തുറക്കാം അടയ്ക്കാം വായിക്കാം ഉപയോഗിക്കാം വലിച്ചെറിയാം അതെല്ലാം കൊണ്ടോരോ പ്രയോജനങ്ങളുണ്ട് അതിന് നിഷേധാത്മകമായിട്ടോ അല്ലെങ്കിൽ ഭാവാത്മകമായിട്ടോ അതെല്ലാം ഉപയോഗിക്കാം പക്ഷേ പ്രപഞ്ചത്തിലെ ഏതംശത്തിൻ്റെയും സ്വഭാവമാണ് പരമാണു മുതൽ സെറുത്തൈ അല്ലെ അതിനെ നമ്മൾ അതിനെ നമ്മൾ മനസ്സിലാക്കുന്നു അതിനുപയോഗിക്കുന്നു പരമാണുകളൊപ്പം അതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നു അത് പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വഭാവമാണ് ജീവൻ ഉപയോഗിക്കാൻ കഴിയും നാം ഒരു സർവത്തെയും അങ്ങനെ ചെയ്യാൻ പറ്റും ആകാശം വരെയുള്ള കാര്യങ്ങൾ ആകാശത്തെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നാണ് അവകാശം കൊടുക്കുന്നത് ഇടം കൊടുക്കുന്നത് ഇടത്തെ നമ്മൾ ഉപയോഗിക്കുന്നു സർവത്ര ഇതുണ്ട് പക്ഷേ എന്താണ് ഈ അസ്തിത്വം അതിനെ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല അതിന് അർത്ഥക്രിയാ കാര്യത്വം പദാർത്ഥങ്ങൾ കാണുന്നതുപോലെ അതിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല അതിനെന്താകും കേവല വിജ്ഞാനം അസ്തിത്വം എന്ന് പറയുന്നത് വിജ്ഞാനം മാത്രമാണ് അല്ലെ ബോധത്തോടുകൂടി ഈ പ്രപഞ്ചത്തെ അറിയുമ്പോൾ അറിയുന്നതാണ് അസ്തിത്വ രൂപത്തിൽ എന്നെ അറിയുന്നു ആ അസ്തിത്വം എന്ന് പറയുന്നതിന് നമുക്കറിവിൽ നിന്ന് വേർതിരിക്കാൻ അറിവാണ് ഇത് അസ്തിവമാണെന്ന് പറയാൻ പറ്റില്ല നമുക്കിവിടെ പറയാം ഇത് പുസ്തകം പുസ്തകത്തിന്റെ അസ്തിത്വം എന്തുകൊണ്ട് നമ്മൾ പുസ്തകത്തിൽ നിഷേധിക്കുന്നു പുസ്തകത്തെ നിഷേധിക്കുമ്പോഴും അസ്തിത്വം ശേഷിക്കുന്നു പുസ്തകമില്ലാതായാലും അസ്തിത്വം ശേഷിക്കുന്നു പക്ഷേ വിജ്ഞാനം ഇല്ലാതാക്കും അസ്തിത്വം ശേഷിക്കുക അത് സംഭവിക്കുന്നില്ല വിജ്ഞാനം തന്നെ അസ്ഥിത്വ രൂപത്തിൽ സ്ഫുരിക്കുന്നു അസ്ഥിഭാതിപ്രിയം വിജ്ഞാനത്തിന്റെ തന്നെ സ്ഫുരണമാണത് അപ്പൊ വിജ്ഞാനം അസ്ഥിത്വം എന്ന് രണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് സച്ചിദാനന്ദം എന്നെ പറയുന്നത് അത് വിജ്ഞാനമാണ് അത് സത്താണ് അസ്തിത്വമാണ് വിജ്ഞാനമാണ് സത്യചിത്താണ് ആർക്കെങ്കിലും ആ അസ്തി വിജ്ഞാനത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുന്നില്ല ആ വിജ്ഞാനത്തിന്റെ സ്ഫുരണമാണ് അസ്തിത്വം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങേറ്റം വിജ്ഞാനത്തെയും നമ്മളെങ്ങനെ അറിയുന്നു വിജ്ഞാനം അസ്ഥി എന്ന് പറയുന്നു വിജ്ഞാനം അസ്ഥി എന്നാണ് അറിയുന്നത് വിജ്ഞാനത്തിന്റെ അസ്തിത്വത്തെ അറിയുന്നു മാത്രമല്ല പുസ്തകം അസ്ഥി എന്ന് പറയുന്നിടത്ത് എന്താണോ താല്പര്യം എന്താണോ എന്താ അസ്ഥിത്വം പുസ്തകം അസ്ഥി എന്ന് പറയുന്നിടത്ത് ആ വിജ്ഞാനം തന്നെ വിജ്ഞാനമല്ല വേറൊരു അസ്തിത്വമില്ല വിജ്ഞാനത്തിൽ പുസ്തകം പ്രതീതമാകുമ്പോൾ പറയുന്നു വിജ്ഞാനമസ്തി ആ വിജ്ഞാനത്തിൽ പുസ്തകം പ്രതീതമാകുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നു പുസ്തകമസ്തി ഇവിടെ എന്താ വ്യത്യാസം ഒരു വ്യത്യാസവും വിജ്ഞാനം തന്നെ അസ്തിത്വം ഈ അസ്തിത്വം വിജ്ഞാന രൂപത്തിലുള്ള ഈ അസ്തിത്വം അതാണ് നീ എന്നാണ് പറയുന്നത് ഈ വിജ്ഞാനം എന്നും മറ്റും പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സംശയങ്ങളുണ്ടാവും അതിനൊക്കെ ഇനി സമാനം പറയാ വിജ്ഞാനം ഏത് വിജ്ഞാനത്തെയും ഇവിടെ പറയുന്നത് അസമാധാനം പറയുമ്പോൾ അത് ബൗദ്ധന്റെയും മീമാംസകൾ ചെയ്യത്ത് ഭാഷയിൽ പറയുന്നേ ഉള്ളൂ ഇതൊക്കെ സാധാരണ വിജ്ഞന്മാരല്ലാത്ത നസ്സുകളിൽ വരുന്ന സംശയം ഇതുപോലെയൊക്കെ തന്നെ ഭാഷകാരം പറയുമ്പോൾ അതിന് ശാസ്ത്രീയമായ രീതിയിൽ പറഞ്ഞിട്ട് അതിനെ നിരാകരിക്കുന്നു വിജ്ഞാനത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെയൊക്കെ സങ്കല്പിക്കാം എന്തൊക്കെ ഭാവന ഉള്ളതാണ് അതിനെയെല്ലാം നിഷേധിക്കുന്നു എന്നിട്ട് പറയുന്നു ആ അസ്തിത്വം ആ വിജ്ഞാനം സദൈവ സൗമ്യ ഏതവഗമ്യതേ സർവവേദാന്തേഭ്യ സർവവേദാന്തങ്ങളിലും സർവ്വപുഷത്തുകളിലും ഇതാ പറയുന്നു ഈ അസ്തിത്വത്തെക്കുറിച്ച് ഈ വിജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത് അത് ഇവിടെ പറയുന്നുണ്ടോ ഈശ്വരനെ കുറിച്ച് പറയുന്നുണ്ടോ സർവജ്ഞനോ സർവശക്തനോ ആയ കുറിച്ച് പറയുന്നുണ്ടോ അപ്പൊ ഇത് തത്വമസ്സിയുടെ വ്യാഖ്യാനമാണെന്ന് മനസ്സിലാക്കാതെ മുമ്പോട്ട് പോയിട്ട് തത്വമസി മനസ്സിലാക്കാൻ ശ്രമിച്ച ബദ്ധം പറ്റും തുമസീബിളന്നു തുടങ്ങിയ നമുക്കൊരാളോട് ചോദിക്കുന്നു നീ അത് കണ്ടോ നീ അവനെ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോ അവൻ അത് എന്നൊക്കെ പറയുന്ന മുമ്പുള്ള ഏതോ ഒരു കാര്യത്തെയാണ് ആ സംഭവം നീ അറിഞ്ഞോ പഴയ സംഭവം നീ അവനെ കണ്ടോ മുമ്പ് കണ്ടവനെ ഉപദേശിക്കുന്നത് തത് മു് ഞാൻ പറഞ്ഞത് എന്നാണ് മുമ്പ് എന്താണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് വളരെ വിശദീകരിച്ച് ഇവിടെ പറയുന്നതെല്ലാം തതാണോ അത് ത്വം അത് നീയാണ് വാ തത് അസദ്വസ്തു അവിജ്ഞാനം അവിടെ ഭാഷകാരം വിശദീകരിക്കുന്നുണ്ടല്ലോ യഥവഗംഭ്യത സർവവേദാന്ത ഭാഷ്യകാരം പറഞ്ഞു ഉപനിഷത്തുകൾ സർവോത്ര അതിനെ കുറിച്ചാണ് പറയുന്നത് അത് നീയാണോ ഏവശബ്ദോ അവധാരണാർത്ഥ ഇത് ഇവിടെ ശ്രോതാവിനും പിടി കിട്ടുന്നുണ്ട് നീ അത് തന്നെയാണ് ഉറപ്പിച്ചു പറയുകയാണ് അപ്പോ എനിക്കറിയാം ഞാനതല്ലോ അത് എന്റെ അനുഭവമാണ് ഞാനതല്ല പക്ഷെ ഇവിടെ ഗുരു പറയാണ് നീ അതാണല്ലോ സദേവ അത് തന്നെയാണ് ഉറപ്പിച്ചെന്തുകൊണ്ട് പറയുന്നു എന്റെ അനുഭവം ഉറപ്പിച്ചും അതല്ലെന്നാണ് അതുകൊണ്ടാണ് അവധാരണാർത്ഥം നിശ്ചയത്തിന് വേണ്ടി നേരത്തെ പറഞ്ഞാലോ നിശ്ചയമാണ് വേണ്ടത് ആ നിശ്ചയം ഇങ്ങനെ ഉണ്ടായിരിക്കണം സംശയവും വിപര്യങ്ങൾ കൂടാതെയുള്ള അജ്ഞാനം ഇല്ലാതെയുള്ള നിശ്ചയമായിരിക്കണം പക്ഷെ അത് വരാനുള്ള സാധ്യതയില്ല കാരണം നേരെ വിപരീതമായിട്ടാണ് ഞാൻ അത് കേവലമായ അവിജ്ഞാനമാണ് കേവലമായ സദ്വസ്തുവാണ് ഇങ്ങനെയൊന്നും ആർക്കും ധരിക്കാൻ പറ്റത്തില്ല എന്നെ കുറിച്ച് എനിക്ക് പല ധാരണകളും ഞാൻ ഇന്നടുത്ത് ഇന്നാരുടെ മകനായി ജനിച്ചവനാണ് വളർന്നവനാണ് ഇന്ന ഇന്ന പ്രത്യേകങ്ങൾ ചെയ്തവനാണ് ഇന്നിപ്പോൾ ചെയ്യുന്നവനാണ് ഇങ്ങനെ പലതരത്തിലുള്ള നിശ്ചയമായ അറിവാണ് എന്നെ കുറിച്ചുള്ളത് ഞാൻ പുരുഷനാണ് സ്ത്രീയാണ് ഗൃഹസ്ഥനാണ് സന്യാസിയാണ് ഇങ്ങനെയുള്ള മിഥ്യാധാരണകളിലാണ് ഞാൻ കടന്നുപോകുന്നത് പ്രതിജ്ഞനം പ്രദീക്ഷിണം അപ്പം ഞാനെന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ് ബോധം വന്ന സമയം മുതൽ ബാല്യം മുതൽ ഇത് കേൾക്കുന്നത് വരെ അത് ഉറച്ചിരിക്കുകയാണ് അവധാരണം വിപരീതമായിട്ടാണ് അപ്പം ആ അവധാരണത്തെ നീക്കണം അതിനുവേണ്ടി പറയുകയാണ് നെയ് ആ സത്താണ് ഏവ ശബ്ദം അവധാരണ അത് തന്നെയാണ് ഇതുവരെ തന്നെ സംബന്ധിച്ച് എന്തെല്ലാം ധാരണകളുണ്ടായിരുന്നു അതാണ് ഇതാണ് ഈ ധാരണകളെല്ലാം നിഷേധിക്കണം നെയ് താൻ കേവലം അസ്തിത്വം മാത്രമാണ് ആ അസ്തിത്വത്തിൽ ആരോപിതമായിരിക്കുന്ന ശരീരം മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തോട് പ്പെട്ടിരിക്കുന്ന തന്റെ വിചാര വികാരങ്ങൾ മാനസികഭാവങ്ങൾ തൻ്റെ വിജ്ഞാനം ഇതൊന്നുമല്ല അത് കേവലമായ അസ്തിത്വ രൂപത്തിലുള്ള വിജ്ഞാനം മാത്രമാണ് എന്ന് അവധാരണം ഉറപ്പിക്കുന്നതിന് വേണ്ടി നിശ്ചയം അതിന് വേണ്ടിയിട്ടാണ് ഏ വിശബ്ദം പ്രയോജിച്ചിരിക്കുന്നത് കിം തത് അവധ്രിയതേ അത് എങ്ങനെ എന്താണ് എങ്ങനെയാണ് ഏതിനാണ് അവിടെ ഉറപ്പിക്കുന്നത് അത് പറയുന്നു ഇതം ജഗന് നാമരൂപക്രിയാതോ ലഭ്യത ഈ നാമരൂപാത്മകമായിരിക്കുന്ന ഈ ജഗത്ത് ഈ ജഗത്തിന് ഒരാൾ അനുഭവിച്ചു ഉണർന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് നീ ആ സത്താണ് ചൈതന്യമാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കുക കാരണം വിപരീത അനുഭവമാണ് ദൃഢമായിരിക്കുന്നത് അതെങ്ങനെ ഞാൻ സത്താകും എങ്ങനെ ഞാൻ വിജ്ഞാനമാകും അത് ഇത് കേട്ടിട്ട് നമുക്ക് ബോധ്യപ്പെടാത്തതുപോലെ തന്നെ ആർക്കും ബോധ്യപ്പെടത്തില്ല ആവർത്തിച്ചു ആവർത്തിച്ച് കേട്ടിട്ടും ആ കാര്യം ബോധ്യപ്പെടുന്നുണ്ടോ നമ്മൾ പറയും അത് കേട്ടപ്പോ മനസ്സിലായി പക്ഷെ വിസ്മരിച്ചതാണ് ഇതൊരിക്കലും ബോധ്യപ്പെട്ടിട്ട് വിസ്മരിക്കുന്ന കാര്യമില്ല എന്തുകൊണ്ടിത് സത്താണ് അനർത്ഥമായ കാര്യങ്ങളാണ് നമ്മൾ ബോധ്യപ്പെട്ടിട്ട് വിസ്മരിക്കുന്നത് ബുദ്ധിയുടെ ഒരു സ്വഭാവമാണ് ബുദ്ധി എന്ത് ചെയ്തു ബുദ്ധിയുടെ സ്വഭാവം എന്താണ് അനിർദഗ്രാഹി എന്നാണ് ബുദ്ധിയെക്കുറിച്ച് പറയുന്നത് അത് അനർഥമായി നഗ്രഹിക്കുന്നു അപ്പം അനർഥത്തിന്റെ സ്വഭാവം എന്താണ് അത് വിസ്മരിച്ചു ബുദ്ധി നീക്കത്തില്ല ഇത് ഈ ഒരു കാര്യം പറയുന്നത് ഇത് ഒരാൾ ബോധ്യപ്പെട്ടിട്ട് വിസ്മരിച്ചിട്ടില്ല നമ്മൾ സാറിന് ഇങ്ങനെ പറയാറില്ല ഞാനും പറഞ്ഞിട്ടില്ല നമ്മളെ ബോധ്യപ്പെട്ട് വിസ്മരിച്ചു പോയിരുന്നു അത് ശരിയായി പറച്ചില്ലല്ല കാരണം ഇത് ബോധ്യപ്പെട്ട് വിസ്മരിക്കാൻ സാധ്യമല്ല അന്നതമായ സർവ്വതും ബോധ്യപ്പെട്ട് വിസ്മരിക്കും ബോധ്യപ്പെടുന്നില്ല എന്തുകൊണ്ട് ബോധ്യപ്പെടുന്നില്ല കാരണം ഇതം ജഗത്ത് ഈ ജഗത്ത് നാമ രൂപ വിക്രിയാവത്ത് ക്രികളോടുകൂടി വികൃതം വികാരൂപത്തിൽ ഉപലഭ്യതേ എന്തിന്റെ വികാരമായി നേരത്തെ പറഞ്ഞല്ലോ ആ വികാരമായി ആ വികാരമായ ഈ ജഗത്ത് നമുക്ക് അനുഭവപ്പെടുന്നത് സത്തല്ല സത്തിന്റെ വികാരത്തെയാണ് ഈ സത്തിന്റെ വികാരമാണ് നമ്മുടെ ബുദ്ധിയും ബോധ്യപ്പെടലും സംശയവും അജ്ഞാനവും വിപരി എല്ലാം സ്വത്തിന്റെ വികാരമാണ് ഇതിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് വിസ്മരിക്കുകയും ചെയ്യും ഈ തത്വത്തെ ബോധ്യപ്പെടാൻ സാധ്യമല്ല വികാരത്തിനങ്ങനെ തത്വത്തെ ബോധ്യപ്പെടും വികാരത്തിൽ വികാരത്തിനെ ബോധ്യപ്പെടാൻ പറ്റും ചുവപ്പിനെ കൊണ്ട് ചോപ്പന്നേ തോന്നു വെള്ളമെന്ന് പച്ചയെ കണ്ടു കഴിഞ്ഞാൽ പച്ചയെന്ന് തോന്നുന്നു വേറൊന്നും തോന്നത്തില്ല അത് ഈ പ്രപഞ്ചത്തിന്റെ മനസ്സിന്റെ ഒക്കെ സ്വഭാവമാണ് മറിച്ചാണെങ്കിൽ അതിനെ ഭ്രാന്തി എന്ന് പറയും അപ്പോൾ നാമരൂപ ക്രിയാവത് വികാരമായിരിക്കുന്നു ഈ ജഗത്ത് നമുക്ക് അങ്ങനെ അനുഭവപ്പെടും ഈ ജഗത്തിനുണ്ടാകുന്ന സർവ്വാനുഭവങ്ങളും അതിന്റെ ഭാഗമാണ് വികാരത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടിവിടെ ഇത് ബോധ്യപ്പെടുന്നില്ല ബോധ്യപ്പെട്ടാൽ അത് വിസ്മരിക്കുന്നു അതാണ് നേരത്തെ പറഞ്ഞെന്താണ് അവധാരണം നിശ്ചയം എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ ഇതിനെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് പ്രയാസമാണ് അതുകൊണ്ട് ഇവിടുത്തെ കാര്യം വിട്ടു ശ്രുതിയല്ല പറയുന്നു ഇതിനെ ബോധ്യപ്പെടുന്നതിനുള്ള ഒരേ ഒരു വഴി ഇവിടെ പറയുന്ന എന്താണ് സദേവാസി ഇതെല്ലാം വിടുക ഈ നാമരൂപ വിക്രിയാ വികൃതമായ കാര്യങ്ങളെല്ലാം വിടുക ഇവിടെ ഇതിലൂടെ ോധ്യപ്പെടുക സാധ്യമല്ല ഇതെല്ലാം വിട്ട ഒരു സ്ഥാനമുണ്ട് എത്ത് സദേവാസി ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു എന്താണ് കേവലസത്ത് മാത്രമായിരുന്നു അങ്ങനെ ഈ നാമരൂപങ്ങൾ ഈ വികാരങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരവസ്ഥ അതിനെ നമുക്ക് പറയാൻ എന്താണ് സൃഷ്ടിക്കുന്നു അത് കേരളൊരു സങ്കല്പം മാത്രമാണ് നാമരൂപങ്ങളെയും സങ്കല്പിക്കുക അവിടെ സത്തനെയും അതിനോടൊപ്പം സങ്കല്പിക്കുകയോ എന്നിട്ട് നാമരൂപങ്ങളിൽ നിന്നും സത്തനെ വേർതിരിക്കുകയോ ഇതൊക്കെ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് നാമരൂപങ്ങളെ മുഴുവൻ നിഷേധിക്കുക ഈ നാമരൂപങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലാവസ്ഥ അഗ്രെ സൃഷ്ടിക്കുന്ന മുമ്പ് അതെങ്ങനെ കല്പിക്കും സൃഷ്ടി അനാദിയില്ല സൃഷ്ടിക്ക് തുടക്കമുണ്ടോ തുടക്കം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എവിടെ നിന്ന് തുടങ്ങി അതിനു മുമ്പ് എന്തായിരുന്നു അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും അതുകൊണ്ട് സൃഷ്ടിക്ക് തുടക്കത്തെ അംഗീകരിക്കാൻ പറ്റി ഒരു സൃഷ്ടിയുടെ തുടക്കം എന്ന് പറയുന്നത് എന്താണോ ഒരു പ്രളയത്തിന്റെ ഒടുക്കം അങ്ങനെ നമുക്ക് യുക്തിയുക്തമായി മനസ്സിലാക്കാം ഈ കാണുന്ന നാമരൂപാത്മകമായ പ്രപഞ്ച സൃഷ്ടിക്കു മുമ്പൊരു പ്രളയം ഉണ്ടായിരുന്നു അതിനാണ് സൃഷ്ടിയുടെ അഗ്രഹം എന്നുവെച്ചാൽ അവിടെ ഈ പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല ഏതൊരു പ്രപഞ്ചമാണോ ഇന്നിപ്പോ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതുണ്ടായിരുന്നില്ല അതിനുവേണ്ടിട്ടാണ് സൃഷ്ടിയേയും പ്രളയത്തെ അംഗീകരിക്കുന്നത് സൃഷ്ടിയും പ്രളയത്തെ അംഗീകരിക്കുന്നതിന് വേണ്ടി സൃഷ്ടി അനാദിയാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനാണ് ഇത് രണ്ടും അംഗീകരിക്കുന്നത് വാ പ്രളയകാലം എന്ന് പറയാം ഈ സൃഷ്ടിക്കുന്നുള്ള ഒരു കാലം അതാണ് എത്തദേവ സദേവാസീത്യാസി ശബ്ദന സംബന്ധിത കഥ എപ്പോ ഇതെപ്പോഴാണ് ഇതൊന്നും ഇല്ലാത്ത ഒരു കാലം സത് ഏവ ഇതമാസീ അപ്പൊ സത്ത് മാത്രം എന്ത് സത്ത് മാത്രമായിരുന്നു എന്നാ പറയുന്നു സൗമ്യ ഇതം അഗ്രേ ആസീ നാമരൂപങ്ങളെല്ലാം നിഷേധിച്ചിട്ട് കേവലം സത്ത് മാത്രമായിരുന്നു നാമരൂപങ്ങളെ നിഷേധിക്കാതെ നാമരൂപങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശ്രോതാവിനോട് ഈ നാമരൂപങ്ങളെല്ലാം നിഷേധിച്ച ഒരു കാലം എന്ന് പറയുന്നു അങ്ങനെ ചിന്തിക്കാൻ പറ്റും അത് ഭൂതകാലത്തിലേക്ക് ബന്ധപ്പെടുത്തിയേ ചിന്തിക്കാൻ പറ്റൂ നാമരൂപങ്ങളെല്ലാം നിഷേധിച്ചിപ്പോൾ അവിടെ കാലം ഉണ്ടായിരുന്നു എന്നെ ചോദിക്കരുത് കാരണം പിന്നിലേക്ക് പോയേ ചിന്തിക്കാൻ കഴിയൂ അതുകൊണ്ട് അവിടെ നാമരൂപങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അഗ്രെ വ്യക്തമാക്കുന്നു ജഗത് ജഗത്തിന്റെ ഉത്പത്തെഹേ പ്രാഗ് ജഗത്തിന്റെ നാമരൂപാത്മകമായ സൃഷ്ടിക്കു മുമ്പ് അങ്ങനെയൊന്ന് കൽപ്പിക്കുക അപ്പൊ അവിടെ ഈ പ്രപഞ്ചശല്യം ചെയ്യുന്നതിനുള്ള ഇതം ജഗത് നാമരൂപ വിക്രിയാവ ഇതവിടെയില്ല ഇതിനെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്ന ആ കാലഘട്ടത്തിൽ പറയും ആ കാലത്ത് എന്തായിരുന്നു സദേവ ആ കേവലമായ അത് ഇവിടെ പറയുന്നു അസ്ഥിത മാത്രം അവിജ്ഞാനം സൂക്ഷ്മം നിർവിശേഷം സർവകഥം ഏകം നിരഞ്ജനം നിരവയവം ആയ ആ മാത്രം ഉണ്ടായിരുന്നു അതിനാണ് തത്ത് എന്ന് പറയുന്നത് ആ സത്ത് ആ തത്ത് നിർവിശേഷമായിരിക്കുന്ന അത് അതാണ് നീ അല്ല ഈ കാണുന്ന ഈ നാമരൂപാത്മകമായിരിക്കുന്ന ഈ ശരീരമോ ഈ പ്രപഞ്ചമോ ഈ ശരീരവും പ്രപഞ്ചവും തമ്മിലുള്ള നിന്റെ ബന്ധമോ ആ ബന്ധത്തെ ഉണ്ടാക്കുന്ന നിന്റെ കർണങ്ങളോ മനസ്സോ ഒന്നുമല്ല മറിച്ച് ആ സത് ഏവാത്ത് തന്നെയാണ് ജഗതപ്രഭു ഇങ്ങനെ ആ കാര്യത്തെ വിശദീകരിക്കുമ്പോൾ ഇത്രയൊക്കെ മന്ത്രത്തെ വിശദീകരിച്ചിട്ടുണ്ടോയെന്ന് ചോദി മന്ത്രത്തിലില്ലാത്ത വിശദീകരണം ഭാഷകാരൻ പറയുന്നു ഭാഷത്തിലില്ലാത്ത വിശദീകരണം ഞാൻ പറയുന്നു ഇത്രയൊക്കെ ഉണ്ടോ എന്ന് ചോദി അപ്പോൾ മന്ത്രത്തിൽ ഉള്ളത് പോരാ എന്ന് കണ്ടിട്ടാണ് ഭാഷകാരതിന് ഇത്രയും വലുതായിരിക്കുന്നത് കൂടുതലായി അതും പോരാന്ന് കണ്ടിട്ടാണ് നമ്മൾ വീണ്ടും അതിനെ കൂടുതൽ വലുതാക്കുന്നത് വിശദീകരിക്കുന്നത് അത് പോരാന്ന് വന്നാൽ വീണ്ടും വിശദീകരിക്കുന്നു ഇനിയും വിശദീകരിക്കണം അതിനെ മനസ്സിലാക്കാം ഓരോരുത്തരുടെയും മാനസിക നിലയനുസരിച്ച് ഇപ്പോൾ മന്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മതി ബോധിപ്പിക്കുന്നു ബാക്കി അത് മനസ്സിലാക്കേണ്ടതിന്റെ നിലയിൽ നിന്നാണ് അതിനെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ കൂടുതൽ വിശദീകരണങ്ങളോട് മനസ്സിലാക്കേണ്ട വരും ആ വിശദീകരണങ്ങൾ കൂടിക്കൂടി പോകും മന്ത്രവും തുറയുന്നത് എന്താണ് സൂചകമാണ് ഇതാണ് അതിൽ നിന്നുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റത്തില്ല കാരണം അതിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ ഗ്രഹിച്ചാൽ ശരി മന്ത്രത്തിൽ നിന്ന് ഞാൻ ഗ്രഹിക്കുമെന്ന് വാശി പിടിച്ചാൽ എന്ത് അവിടെ സംശയങ്ങൾ വരും അതെങ്ങനെ സംഭവിക്കും ഈ പറയുന്നത് സ്വന്തം ബുദ്ധിയെ ഈ കാര്യം ഇങ്ങനെ ബോധ്യപ്പെടുത്തും അത്തരം സംശയമാണ് അടുത്തു വരെ നിൽക്കും വിശേഷ്യതി മന്ത്രം തന്നെ നമുക്ക് സമാധാനം തന്നിരുന്നുവെങ്കിൽ അതിന് സംശയം വരത്തില്ലായിരുന്നു അത് വരില്ല എന്നറിയാം അതുകൊണ്ടാണ് ഭാഷകാരൻ ഇത്തരം സംശയങ്ങളെ കൊണ്ടുവരുന്നത് പറഞ്ഞുണ്ടോ ബോധ്യപ്പെട്ടാൽ പിന്നെ വിസ്മരിക്കില്ല സംശയവും വരുന്നില്ല ഇതെല്ലാം വരുന്നതെന്തുകൊണ്ടാണ് ബോധ്യപ്പെടാത്തതുകൊണ്ടാണ് എന്തുകൊണ്ട് ബോധ്യപ്പെടുന്നില്ല ആ ബോധ്യത്തിന് പ്രതിബന്ധങ്ങളുണ്ട് അതിനാണ് ഞാൻ സംശയവിവര്യങ്ങളെന്ന് അങ്ങനെ പ്രതിബന്ധങ്ങളുണ്ടാകാം ചെയ്ത് ബോധ്യപ്പെടുന്നു നമ്മൾ എന്ത് വിദ്യ പഠിക്കാൻ പോയെന്ന് ചെയ്യും അത് പഠിക്കുമ്പോൾ ആ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ തന്നെ ഏത് നിമിഷമാണോ നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ആ നിമിഷം തന്നെ അതിന്റെ പ്രതിബന്ധവും വരും ആ അറിവിന്റെ ഒരു സ്വഭാവമാണ് അനിന് മായ എന്ന് പറയുന്നു എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ആ നിമിഷം പ്രതിബന്ധം വരും എന്താ പ്രതിബന്ധം എന്ന് പറയുന്നത് സംശയം ചില ഭാഗങ്ങൾ അറിയാതിരിക്കുക അറിഞ്ഞതിൽ തന്നെ തെറ്റിദ്ധാരണകൾ വരിക ഇങ്ങനെ ഒരു വിഷയത്തെ ഗ്രഹിക്കാൻ പറ്റും ഇതൊക്കെ അത് വിദ്യയിൽ സ്വാഭാവികമാണ് ലൗകികമായ വിദ്യകളിൽ പോലെ ഇത് സർവ്വസാധാരണമാണെങ്കിൽ ആത്മവിദ്യയിലുണ്ടോ അവിടെ ഇത് സർവ്വസാധാരണമാണോ ഈ സർവ്വസാധാരണ കാര്യമാണെങ്കിൽ നമ്മൾ എന്തിനു പരാതി പറയുന്നു ഞാനിത് മനസ്സിലാക്കാൻ ശ്രമിച്ച് എനിക്കൊന്നും പിടികിട്ടുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ മനസ്സിലായി അത് വിസ്മരിക്കുന്നു ഇതൊക്കെ അർത്ഥശൂന്യമായ കാര്യങ്ങളാണ് അത് ഭാഷകാരനും മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഇതാനി വിധംസ എന്താ പറയുന്ന അഗ്രേകാസി നാമരൂപാത്മകമായി സൃഷ്ടിക്കുന്നു വല്ല സത്ത് മാത്രമായിരുന്നു എന്ന് പറഞ്ഞു എന്താ ഇപ്പൊ സത്തല്ലേ കാരണം ഏവാ അത് നീയാണ് എന്നും പറയുന്നു ഇനി അതുകൂടെ മനസ്സ് കണ്ടുകൊണ്ടു വേണേ ചിന്തിക്കാം തത്ത് മസ്യ വിട്ടിട്ട് ഇത് ചിന്തിക്കരുത് ഇത് വേറെ തത്ത് മസ്യ വേറെ എന്നും ചിന്തിക്കരുത് എന്നാ എന്താ ഇപ്പോ ഇത് സത്തല്ലേ വർത്തമാനത്തിൽ സർവത്ര അസ്ത്വത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോടും പറയുന്നത് സൃഷ്ടിക്കുന്ന മുമ്പ് സത്തായത് മുമ്പ് ഇപ്പൊ അതല്ലാതിരിക്കണ്ടേ എന്നാലേ സൃഷ്ടിക്കും മുമ്പ് പോകേണ്ട ആവശ്യമാണ് ഇപ്പോഴും സത്താണല്ലോ കിന്ന ഇതാനും ഇതം എന്ന സത്ത് എന്താ ഇതിപ്പോ സത്തല്ലേന അഗ്രെആസീതി വിശേഷം പ്രത്യേകിച്ച് എടുത്തു പറയുന്നു സൃഷ്ടിക്കുന്നു ഇത് സത്തായിരുന്നു അതിന്റെ ആവശ്യം എന്താണ് സംശയമാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ നിഷേധിക്കുന്നു അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല കഥും ദർഹി വിശേഷണം പിന്നെന്തിനാ അതങ്ങനെ എടുത്തു പറഞ്ഞത് വീണ്ടും ചോദിക്കുന്നു ആ സംശയം അസ്ഥാനത്താണെന്നാണ് പറയുന്നത് നിങ്ങളുടെ സംശയത്തിൽ കഴമ്പില്ല എന്ന് പറയുന്നു പറയുന്നു കഴമ്പില്ലെങ്കിൽ പിന്നെ എന്തിനു പറഞ്ഞു സൃഷ്ടിക്കുന്നു സത്തായിരുന്നു തുടങ്ങിയെന്താണോ വാചാരംഭം വികാരവും നാമധേയം മൃത്താണ് സത്യം പാത്രസത്യം അല്ലെ പ്രപഞ്ചസത്യമല്ല പ്രപഞ്ചത്തിന്റെ കാരണമാണ് സത്യം പ്രപഞ്ചത്തിന്റെ കാരണമാണ് സത്യമാണെങ്കിൽ അതിപ്പോഴും ഉണ്ട് സത്യം സത്യത്തിന് മാറ്റം വരാൻ പാടില്ലല്ലോ ആ സത്യമാണ് ഇപ്പോഴും ഉള്ളത് എന്നാൽ നേരിട്ട് ബോധ്യപ്പെടുത്തുക ഇന്നതാണ് സത്യം എന്തിനു പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കു മുമ്പ് പോകണമതിന്റെ ആവശ്യം എന്താണ് കഥം ദർഹി വിശേഷണം പറയുന്നു ശരിയാണ് നാംരൂപ വിശേഷണവത് ഇതം ശബ്ദബുദ്ധി വിഷയം ഇതം ചതി ശബ്ദബുദ്ധിമാത്രം മാത്രമ്യമേതിവധാരത്തെമരുപവൃതം സഖ്യം വസ്തു സുഷുപ്തകാല സുഷുപ്താദു സത്വമാത്രം അവഗതിന്മാത്രമേ കേവലം വസ്തുപത്ത് അഭിപ്രായ ഈ ഭാഗം മുമ്പ് വന്നപ്പോഴെല്ലാം നമ്മൾ ചർച്ച ചെയ്തപ്പോഴെല്ലാം ഇതിനെ സുഷുപ്തയായിട്ട് ബന്ധപ്പെടുത്തിയ ചർച്ച ചെയ്തത് അത് കാരണം ഭാഷകാരൻ അതിനെ അങ്ങനെയാ ബന്ധപ്പെടുത്തിയ ചർച്ച ചെയ്യുന്നു ജാഗ്രത സ്വപ്നവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഭാഷകാരനും ചർച്ച ചെയ്യുന്നു അതുകൊണ്ടാണ് സദൈവ കേന്ദു ശരി തന്നെയാണ് ഇപ്പോഴും സത്ത് തന്നെയാണ് ഒരു സംശയം സൃഷ്ടിക്ക് പിറകിലേക്ക് മനഃപൂർവ്വം പോയതൊന്നുമല്ല മുമ്പ് സത്ത് തന്നെയാണ് ഇപ്പോഴത്തെ സത്ത് തന്നെയാണ് ഹിന്ദു പക്ഷേ ഇപ്പോ എന്താണ് നാമരൂപവിശേഷണവത് ഇപ്പോ സന്മാത്രമൊന്നു പറയാൻ വയ്യ നാമരൂപവിശേഷങ്ങളോടുകൂടിയാണ് എങ്ങനെ പുസ്തകമസ്തി പൃഥിവി അസ്ഥി ജലമസ്തി വായുരസ്ഥി ആകാശമസ്തി ഇങ്ങനെ അസ്ഥിത്വം നാമരൂപ വിശേഷങ്ങളോടുകൂടി ചേർന്ന് അറിയാൻ പറ്റും അതിന് നമ്മളെങ്ങനെ കേവലം അസ്ഥി എന്നല്ല നമ്മൾ പറയുന്നത് ഇതം അസ്ഥിത ഇത് ഇതം ശബ്ദ ബുദ്ധി വിഷയം ഇതം ശബ്ദം ഇതം ബുദ്ധി ഇതിന് വിഷയമായിട്ടാണ് അങ്ങനെയാണ് സർവത്ര അസ്തി അറിയുന്നത് അസ്ഥിത്വത്തെ ഇതം എന്നുള്ളതിനോട് കൂടി ചേർത്ത് അറിയാൻ പറ്റുന്നു അസ്ഥിത്വത്തിന്റെ പര്യായം പോലെ ഇതും അതിനോടുകൂടി ചേർന്നിരിക്കുന്നു ഇതുമെന്നുള്ള ശബ്ദം ഉപയോഗിച്ചാലും ദോഷമല്ല ഇത് എന്ന് വെച്ചാൽ അസ്ഥി എന്ന് അങ്ങനെ സർവത്ര ഈ ഇതന്താ ബുദ്ധി എന്ന് പറയും ഇത് ഇത് എന്നുള്ള ബുദ്ധിയോടു കൂടി ചേർന്ന് അതായത് വസ്തുവിനെ പരാമർശിക്കുന്ന ബുദ്ധിയോട് ചേർന്ന് അസ്തിത്വത്തെ അറിയാനേ കഴിയുന്നുള്ളു ഇപ്പോൾ ഈ സൃഷ്ടിയിൽ അല്ലെങ്കിൽ ഈ ജാഗ്രത്തിൽ മറിച്ചാകണമെങ്കിലോ ഒന്ന് സൃഷ്ടിക്ക് പിന്നിലേക്ക് പോകണം അല്ലെങ്കിൽ ജാഗ്രതത്തിന്റെ പിന്നിലേക്ക് പോകണം അതാണ് നടത്തി വിശദീകരിക്കുന്നത്